അതോ അവൻ ഇത് കെട്ടിച്ചമച്ചതാണെന്ന് അവർ പറയുകയാണോ പറയുക ഞാനിത് കെട്ടിച്ചമച്ചതാണെങ്കിൽ അള്ളാഹു സുബാനഹുവാലായുടെ ശിക്ഷയിൽ നിന്ന് എനിക്കുവേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ് എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അവൻ മതി അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്